അങ്ങനെ അവർ അതിൽ നിന്ന് ഭക്ഷിച്ചു അപ്പോൾ അവരുടെ ഗുപ്തഭാഗങ്ങൾ അവർക്ക് വെളിപ്പെട്ടു അവർ സ്വർഗ്ഗത്തിലെ ഇലകൾ കൊണ്ട് തങ്ങളുടെ ശരീരങ്ങൾ മറയ്ക്കാൻ തുടങ്ങി ആദമലിഹിസ്ലാം തന്റെ രക്ഷിതാവിനെ ധിക്കരിക്കുകയും വഴിപിഴക്കുകയും ചെയ്തു